ഇവിടെ സപ്രതിപക്ഷ അനുമാനം ജ്ഞാനാത്മനോഹോ സംബന്ധ അനാത്മനിഷ്ഠനിഷ്ഠ പക്ഷെ ഈ അനുമാനത്തില് ദോഷം പറഞ്ഞു സപ്രതിപക്ഷമാവണത് നിഷ്ഠനുമാനത്തിലാണോ രണ്ടാമത്തെ ഉം അല്ല അതിപ്പം നമ്മള് തർക്കസംഗ്രഹത്തിൽ പഠിച്ചായിരുന്നു പലതരത്തിലുണ്ട് ഇങ്ങനെയും ഉണ്ട് ഒരു പ്രതിപക്ഷം തർക്കസംഗ്രഹം മാത്രമുണ്ടല്ലോ ഇവിടെ എന്ത് ചെയ്തു പക്ഷത്തെയൊക്കെ മാറ്റി ഇങ്ങനെ ഉണ്ടാക്കി അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണോ സാധ്യം അതിന്റെ നേരെ വിരുദ്ധമായൊരു സാധ്യത്തെ സമർത്ഥിക്കുന്നതിന് മറ്റൊരനുമാനം ഇത്രയെടുത്തേ ആ രീതിയിലാണ് സപ്രതിപക്ഷം ആ തർക്ക സംഗ്രഹത്തിന്റെ ലക്ഷണം അനുസരിച്ചത് ആത്മനിഷ്ഠത്വത്തിന് പൗര വിരുദ്ധമായി എന്ത് ചെയ്തു ആലാമനിഷ്ഠത്വത്തെ സ്വീകരിച്ചു അതിന് മറ്റൊരു അനുമാനം കൂടെ പറഞ്ഞു അല്ലെങ്കിൽ കേവലം വിരുദ്ധനായി എന്താണ് വിരുദ്ധന്റെ ലക്ഷണം സാദ്ധ്യാഭാവ വ്യാപ്ത ഹേതുർവിരുദ്ധ എന്താണ് ഉദാഹരണം ശബ്ദോ നിത്യകാര്യ എന്നോട് ചോദിച്ചാൽ ഞാനും ചോദിക്കും അതും പറയുന്നു അത്ര ും നിത്യത്വ അഭാവേന അനിത്യത്വേന വ്യാപ്തം അപ്പോ ഇവിടെ ആശ്രയാസത്തെ ദോഷം പറഞ്ഞു അങ്ങനെ ഈ എന്താണ് ജ്ഞാനാത്മാന്ധം അങ്ങനെയൊരു സാധനമേ ഞങ്ങൾക്കില്ല എന്തുകൊണ്ടില്ല അപ്പോ പിന്നെ അദ്വൈതി ആശ്രയിക്കുന്നത് എന്തിനാണ് ശ്രുതി ഈ ശ്രുതി ഇല്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ അദ്വൈതി തണ്ടിപ്പോയത് എന്തു പറയും പിന്നെ വരുന്നു ഞങ്ങളുടെ ഈ ശ്രുതിയുണ്ട് അപ്പൊ ഇനിയുള്ള ചർച്ച ശ്രുതിയുടെ അർത്ഥത്തെ സംബന്ധിച്ചാണ് ശ്രുതി ഉണ്ടെന്ന് പറഞ്ഞാൽ താർക്ക് സമ്മതിക്കോ നിങ്ങൾ പറയുന്ന എല്ലാ അർത്ഥം അല്ല ഞങ്ങൾ പറയുന്നതാണ് അപ്പൊ അത് ഇത് പറയുന്നത് ഞങ്ങൾ ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചതാണ് ഈ ശ്രുതിയുടെ അർത്ഥം ഞങ്ങൾ പറയുന്നതന്നെ അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് ശ്രുതിയുടെ അർത്ഥം നമ്മുടെ അടുത്ത് പറയാൻ വേണം ദ്രഷ്ടുഹു ദൃഷ്ടേ വിപരിലോപോ വിദ്യ ഇത് ദൃഷ്ടോ സംബന്ധ ശ്രുതി അധികനോഹരകാര അപ്പൊ ഈ വാസ്തവത്തിൽ ഈ ഒരു ശ്രുതിയാണ് സിദ്ധാന്തിക്ക് അദ്വൈതിക്ക് വേണ്ടത് പക്ഷെ അത് അദ്വൈതി സ്വയം പറയാതെ ആ ശ്രുതിയെ താർക്കികനെ കൊണ്ട് പറയുകയാണ് എന്തിന് അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാലേ ഇനി അതിനെ നിഷേധിച്ചിട്ട് അദ്വൈതിക്ക് സ്വന്തം സിദ്ധാന്തം പറയാൻ പറ്റും അപ്പോ ആ ഞങ്ങൾ അനുമാനം പറഞ്ഞപ്പോ നിങ്ങളവിടെ ശ്രുതിയും കൊണ്ടു വന്നാന്ന് ഇനി ചോദിക്കത്തില്ലല്ലോ ശ്രുതിയും കൊണ്ടുവന്ന താർക്കികം തന്നെ ഇനി അതിന് സമാനം പറഞ്ഞു എന്തുകൊണ്ട് വന്നു പറഞ്ഞു പറഞ്ഞു ആശ്രയാസിദ്ധി എന്ന് പറഞ്ഞു അതിങ്ങനെ ആശ്രയാസിദ്ധി വരും കാരണം ശ്രുതി അനുസരിച്ച് അവിടെ ജ്ഞാനവും ആത്മാവും തമ്മിലുള്ള സംബന്ധം ശ്രദ്ധിക്കുന്നു എന്നാണ് ഈ ശ്രുതിയെ ഇപ്പൊ താർക്കിക മതമനുസരിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇനി അത്വിധാനം നിഷേധിച്ചിട്ട് എന്ത് പറയും സ്വന്തം പക്ഷം പറയും അപ്പൊ ആ സ്വന്തം പക്ഷം പറയാൻ പലപ്പോഴും പൂർവ്വപക്ഷം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നിഷേധിച്ച് സ്വന്തം പക്ഷത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെയും പറയുന്നത് ദ്രഷ്ടുഹു ദൃഷ്ടേഹേ വിപരിലോഭോ വിദ്യത്തെ ഇത് ദ്രഷ്ടൃഷ്ടുഹോ സംബന്ധ ശ്രുജത ഏവ അധികത ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ്രഷ്ട ഏത് പ്രത്യാന്തമാണ് ഏത് പ്രത്യാന്തം പായയാണോ ദൃഷ്ടൂന്നല്ലുഹൂ ഏത് പ്രത്യാന്തൃം നോളൂ തൃച്ചാണ് ദൃശ്യാതുൽ നിന്ന് തൃച്ച് വന്നു കഴിഞ്ഞാൽ ഈ സൂത്രം വരുന്നു ദൃശ്യ തൃച്ചാണ് അത് ദ്ര എന്നാവുന്നു സൂത്ര ഏതാണോ ദൃശ്യം ദ്ര എന്നാവുന്നത് സൃജി ദൃശോർജല്യകിതി അമ്മന്നു പരന രേഖ വന്നു ദ്രാശ് അവിടെയാണ് ഈ പറഞ്ഞ സൂത്രം ഏതാണോ ജയരാജ രാജസാം ഇതിന്റെ ദൃഷ്ടൃകാരാന്തമാണ് സൃഷ്ടിയിൽ എങ്ങനെ വരുന്നു ദ്രഷ്ടുഹു ദ്രഷ്ടുഹു അല്ല ഇത്രയും പറഞ്ഞിട്ട് രൂപം തരിച്ച് ദ്രഷ്ടുഹു അത് രൂപം അറിഞ്ഞിരിക്കണം കാരണം ഇത് കടുത്ത അർത്ഥത്തിലുള്ള പ്രത്യേകമാണ് എന്റെ ന്തമാണ് ദ്രഷ്ടുഹു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം വരും ദ്രഷ്ടാവിന്റെ അടുത്തു വരുന്നത് എന്താണ് ദൃഷ്ടിഹി ഇതേത് സൂത്രം ശ്രീയങ്ക്തിന് വന്ന് സ്പഷ്ടമാണ് അമ്മ വന്നില്ല ശ്രീജി ദൃശ്യാണ് അതുകൊണ്ട് അത് വരത്തില്ല ദൃഷ്ടി ഇവിടെ എന്തർത്ഥത്തിലാണ് ഭാവാർത്ഥ ഭാവാർത്ഥം എന്ന് പറയുമ്പോ എന്താ ധത്തുർത്ഥം ഇപ്പൊ ദ്രഷ്ടാവിന്റെ ദൃഷ്ടി എന്ന വരുന്നു ദ്രഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ദൃഷ്ടാവെന്ന് പറയുന്നത് ആത്മാവ് അറിയുന്നവൻ ആത്മാവ് ദൃഷ്ടിജ്ഞാനം അപ്പോ അറിയുന്നവനായ ആത്മാവിന്റെ ജ്ഞാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ സംബന്ധമുണ്ടാത്മനോ സംബന്ധമുണ്ട് ആശയാസിദ്ധിയില്ല ഇതാണ് പറയുന്നത് ഇത് മാനമനോഹരം എന്നുപറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ പ്രാചീനനായ വാദവാഗീശ്വരൻ എന്ന് ആരാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഇതിന്റെ ആമുഖം വായിച്ചു പോകണം അവിടെ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരാള് ഈ കാര്യം സമർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം നൈയായികനാണ് അല്ല മീമാംസകനാണെന്നൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട് ആരോ ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം എന്താണ് ദൃഷ്ടി അപ്പോ ആത്മാവും ജ്ഞാനവും തമ്മിലും സംബന്ധത്തെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ വ്യാകരണവും ആവശ്യമായിട്ട് വരും നമ്മൾ ഉപനിഷത്ത് പഠിക്കുമ്പം അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ ഭാഷത്തിൽ വ്യാകരണം പറയുന്നില്ല ഇവിടെയും പറയുന്നില്ല ഇവിടെ നിങ്ങൾ വ്യാകരണം പഠിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആവശ്യമില്ലായിരുന്നു ഇവിടെ ഇപ്പം വ്യാകരണം പഠിച്ചു അതുകൊണ്ട് ഇവിടെ ആവശ്യം വരും ഇത്രേ ഉള്ളൂ വ്യത്യാസം അവിടെ ഇതൊക്കെ ആവശ്യം പക്ഷെ അവിടെ ഇതൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോയാലും അതുകൊണ്ട് അവിടെ അതൊന്നും പറഞ്ഞില്ല ഇവിടെ ഇവിടെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാതിരിക്കും കുറഞ്ഞ പക്ഷം ഹി ദ്രഷ്ടുഹു ദൃഷ്ട വിപരിലോവോ വിപരിലോപോ ന വിദ്യത്തെ ദ്രഷ്ടാവിന്റെ ദൃഷ്ടിക്ക് മാറ്റം നാശം സംഭവിക്കുന്നില്ല എന്നാണ് ശ്രുതി പറയുന്നത് സംബന്ധ അതിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ സ്പഷ്ടമാണെന്തോ ദ്രഷ്ടാവും ദൃഷ്ടി നമ്മളുടെ സംബന്ധം ശ്രുതിയവധികത ശ്രുതിയിൽ നിന്ന് തന്നെ അധികമായി അറിയപ്പെട്ടു എന്ന് മാനമനോഹരകാര പ്രാതിഷ്ഠിപത് മാനമനോഹരകാരൻ എന്ത് ചെയ്തു സമർത്ഥിച്ചു എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചതാണ് ഇപ്പം നമ്മൾ വ്യാഖ്യാനിച്ചത് എങ്ങനെയാ വ്യാഖ്യാനിച്ചു സമർത്ഥിച്ചെങ്കിൽ വ്യാഖ്യാനിക്കണ്ടേ ആ വ്യാഖ്യാനമാണ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ അതാണ് പറഞ്ഞറിയണമെന്ന് മനോമനോഹരകാരൻ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞില്ല ഇങ്ങനെയാ വ്യാഖ്യാനിച്ചു പ്രാതിഷ്ഠിപത്തെന്ന് പറയുന്നത് ലോക സിദ്ധാന്തമതി വന്ന രൂപമാണ് നിപടത്തു എന്ന് പറയുന്നതിന് അധിഷ്ഠിപത് അത്രേ വന്നുള്ളു ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ പ്രാതിഷ്ഠിപത് വന്നില്ല അധിഷ്ഠിപഥ എവിടെയാ വന്നത് ഏത് പ്രക്രിയയിൽ ഏത് പ്രകടനത്തിൽ ഏർമ്മ ഉണ്ടോ ഈ ശബ്ദം അധിഷ്ഠിപത് എവിടെ വന്നു ഏത് പ്രകടനത്തിൽ വന്നെന്ന് പറഞ്ഞാ ഏ അത് ശരിയാണ് ഇങ്ങനെ ഒരു രൂപം വരണമെങ്കിൽ നന്ദമായിരിക്കണമെന്ന് ഊഹിച്ചു പറഞ്ഞാണെങ്കിലും അത് ശരിയാണ് വീട്ടമായി ഓർമ്മിച്ച് പറഞ്ഞാലും എനിക്ക് മനസ്സിലായി പക്ഷെ ഇങ്ങനെ രൂപം അങ്ങനെ വരാൻ വഴിയുള്ളൂ അത്ര ഊഹിക്കാനുള്ള കഴിവുണ്ട് അതിഷ്ഠി പ്രതിഷ്ഠാഗതി നിവർത്തും എന്ന് പറയുന്ന എന്ന് നിരുന്ന നേതാസൂത്രം ഹേതു മധിച്ച പ്രകാരം നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും വന്നാണ് പുക്ക് വരുന്നത് എന്ന് വരും നിശ്രദുഭ്യകർത്തരി ലുങ്ങ് വരണവെന്നും ലുങ്ങ് വരുന്നു ചിളുങ്ങി വരുന്നുദ്രിയനെ ബാധിച്ചുകൊണ്ടെന്ത് വരും ചങ്ങലാ ശേഷിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നു കാപി ആ തരത്തില് ലുങ്ങിനെ തീ വന്നു വിദേശ എങ്ങനെ ആയിരിക്കുന്നു നേരണ്ട് ഈ പ്രകാരം ഈ ലോപിച്ച അവിടെ തന്നെ വേറെ സൂത്രം കൊണ്ടു പോകുന്നു ഏതാണ് തിഷ്ട്രി സ്ഥാപിന്റെ ആകാരത്തിന് ഈ വരും അപ്പൊ ഇകാരം നേരത്തെ തന്നെ പോയി അപ്പൊ എന്തായി സ്ഥിപ്പ് സ്തിപ്പ് ആ സ്ഥിപ്പിനെന്ത് വരും ചങ്ങി ദം വരും പഠിച്ചിട്ടുണ്ടോ ചങ്ങി ദാ സ്ഥിപ്പത്തിപ്പ് അഭ്യാസം എന്ത് വരുന്നു സ്തിപ്പെത്തിപ്പ് ഇരിക്കുന്നിടത്ത് അഭ്യാസം എന്ത് വരുന്നുവയഹ ഫലാദി ശേഷം എല്ലാം കൂടെ വരുന്നത് ശർപൂർവ ഖയഹ വരുന്നു അപ്പൊ എന്തായി തി ിപ്പ് തിഷ്ഠിപത്ത് തി സകാരത്തിന് ഷത്വ ഷത്വം വന്നപ്പോ ഷ്ടി തിഷ്ടിപത്ത് എന്നിരിക്കുമ്പോൾ എന്തായിരുന്നു ലങ് ലുങ് ഷടുദാത്വ പ്രകാരം ആവന്നപ്പോ അതിഷ്ടിപത്ത് എന്നിരുന്നു പ്രാവുട ചേർന്നപ്പോ സവർണ ദീർഘം വന്നിട്ട് പ്രാതിഷ്ഠിപത്ത് ഇതിലെല്ലാ സൂത്രങ്ങളും നമ്മൾ പഠിച്ചതാണ് എന്നുള്ളതാണ് അപ്പോ പ്രേരണാർത്ഥം വരുന്നു അങ്ങനെ സമർത്ഥിച്ചു എന്നാണ് താർക്കികം പറയുന്നു മാനമനോഹരകാരൻ എന്ന് പറയുന്ന വലിയൊരാചാര്യൻ ഈ ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് ആത്മാവും ജ്ഞാനവും തമ്മിൽ സംബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്രയാസിദ്ധി ഇല്ല എന്ന് പറയുമ്പോൾ പറയുന്നു എന്താണ് ശരിയല്ല ശ്രുതേ ലോകപ്രസിദ്ധ സംബന്ധ അനുവാദന ദൃഷ്ടേ വിനാശിത്വ അഭാവമാത്ര പ്രതിപാദനപരത്വ അപ്രാപ്ത ശാസ്ത്രം അർത്ഥവത് ഇതിന് മുഖ്യാർത്ഥെ അദ്വൈതശ്രുതി വിരോധാ രാഹുന്തശ്രുതേർ വൃത്തി ഉപപത്തെ ശരി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനത്തോട് ആദ്യം യോജിക്കുന്നു ദൃഷ്ടിഹി ദ്രഷ്ടാവിന്റെ ദൃഷ്ടി അതിനോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അവിടെ സംബന്ധാർത്ഥം തന്നെ പക്ഷെ വ്യത്യാസം എന്താ ആ സംബന്ധമെന്ന് പറയുന്നത് ലോകരെല്ലാവരും അറിയുന്നു എങ്ങനെ എന്റെ ജ്ഞാനം എന്റെ അറിവ് അപ്പൊ ലോകപ്രസിദ്ധമായിരിക്കുന്ന ആ സംബന്ധം അതിനെ അനുവാദം ചെയ്ത സംബന്ധാർത്ഥമാണ് ഇവിടെ ഉള്ളത് ലോകർ അങ്ങനെയാണ് കരുതുന്നത് അതുകൊണ്ട് പറഞ്ഞു ആത്മാവിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞു ലോകർ അങ്ങനെയാണ് കരുതുന്നത് ദൃഷ്ടാവിന്റെ ദൃഷ്ടി ശ്രുതി അത് തന്നെ പറഞ്ഞിരിക്കുന്നു ധാരാളം ലോകസിദ്ധമായ കാര്യങ്ങൾ അനുമാനം അതുകൊണ്ട് ലോകപ്രസിദ്ധമായ സംബന്ധാർത്ഥത്തെ അനുവാദം ചെയ്യുന്ന ശ്രുതിയാണ് ഇത് അവർ അംഗീകരിച്ചു കൊണ്ട് പറയണം ശ്രുതിയുടെ അർത്ഥം പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ധാരാളം ശ്രുതി അങ്ങനെയുണ്ട് ലോകത്തിൽ ശ്രദ്ധമായ കാര്യങ്ങൾ അനുവാദം ചെയ്യുന്നു അതാണ് ശ്രുതേ ഹേ ലോക പ്രസിദ്ധ സംബന്ധ അനുവാദേന ശ്രുതി ലോകപ്രസിദ്ധമായ അനുവാദം ചെയ്യുന്നത് കൊണ്ട് ശരി അങ്ങനെ അനുവാദം ചെയ്തിട്ട് ഇവിടെ എന്താ കാര്യം ലോകത്ത് അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ ശ്രുതി എന്തിനാ ഇതിനൊക്കെ പോകുന്നു അനുവാദം ചെയ്യുക ശ്രുതിക്ക് വേറെ പണിയില്ലെന്ന് പറയുന്നു ദൃഷ്ടേഹെ വിനാശത്വ അഭാവം മാത്രം പ്രതിഭാന്ന ഒരു ഇവിടെ ശ്രുതിയുടെ താല്പര്യം ദൃഷ്ടാവും ദൃഷ്ടിയും തമ്മിൽ സംബന്ധമുണ്ടെന്ന് പറയുന്ന അല്ല ോ വിപരിലോപോനവിദ്യതെ അതാണ് ഇവിടെ പറയുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്താ പറയുന്നത് ദൃഷ്ടാവിന്റെ അങ്ങനെ തന്നെ അർത്ഥം ദൃഷ്ടാവിന്റെ ആ ദൃഷ്ടിക്ക് നാശമില്ല അത് അത് പറയാനാണ് ഈശ്വര ആത്മാവിന്റെ ജ്ഞാനത്തിന് ാശമില്ല അത് പറയുകയാണ് ഈ ശ്രുതിയുടെ താല്പര്യം അതാണ് താല്പര്യം മനസ്സിലാവും ആത്മാവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല അതുകൊണ്ട് ആത്മാവിന്റെ ജ്ഞാനത്തിന് നാശമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അത് അതും ഇത് പറയുന്നതിന് ചോദ്യം ചെയ്യാനൊക്കത്തില്ല ഇത് ഏത് പ്രകടനത്തിലാണ് പറയുന്നത് ഈ ശ്രുതി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ണീ വൻഷത്ത് എന്ന് പറയുന്നത് ശരിയാ എത്ര എത്ര ക്ലാസുകൾ ചർച്ച ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഒരുപാട് ചർച്ച ചെയ്ത ഒരു ഭാഗമാണ് ആ ചർച്ചകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇപ്പൊ പറയും എവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുഷൃപ്തിയെ കുറിച്ച് പറയും അതല്ല അതങ്ങനെ ശ്രുതി ഇങ്ങനെ വായിച്ചെന്നും പറഞ്ഞെന്നും പറഞ്ഞും കാര്യങ്ങൾ മനസ്സിലാകത്തില്ല ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അപ്പൊ സുഷുതിയിൽ ജ്ഞാനത്തിന് നാശം സംഭവിക്കുന്നില്ല എന്നാൽ വിശേഷ നശിക്കുന്നു ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അപ്പോൾ ദൃഷ്ടാവിന്റെ ദൃഷ്ടിക്ക് നാശ നാശം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ദൃഷ്ടി എന്ന് പറയുന്നത് വിശേഷ വിജ്ഞാനമാണെങ്കിൽ നശിക്കുന്നില്ലേ അപ്പൊ അവിടെ ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നതിന് എന്ത് വേണം വിശേഷാർത്ഥം അവിടെ തല്ലേ പറ്റൂ ശരി നിങ്ങൾ പറയുന്നതനുസരിച്ച് ദൃഷ്ടാവിന്റെ ദൃഷ്ടി സംബന്ധാർത്ഥോട് എന്നിട്ടടുത്ത് പറയുന്നത് എന്താണ് ആ ദൃഷ്ടിക്ക് നാശം സംഭവിക്കുന്നില്ല ഇത് പറയാനാണ് അല്ലാതെ ദൃഷ്ടാവിന് സംബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമുണ്ട് ശരി ആയിക്കോട്ടെ ദൃഷ്ടിക്ക് ജ്ഞാനത്തിന് നാശം സംഭവിക്കുന്നില്ല ഞങ്ങൾ സമ്മതിക്കാം പക്ഷെ എന്നാലും ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്നെന്തിനു പറഞ്ഞു അത് പറഞ്ഞാ പോരേ ജ്ഞാനത്തിന് നാശം സംഭവിക്കുന്നുണ്ടോ അപ്പം പറഞ്ഞു ലോകറെല്ലാവരും ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് അറിയുന്നത് ആത്മാവിന്റെ എന്റെ ജ്ഞാനം എന്നാ പറയുന്നത് എന്റെ അറിവെന്നാ പറയുന്നത് അപ്പോ അത് മനസ്സിലായി കൊടുക്കണമെങ്കിൽ എന്റെ അറിവിന് നാശമില്ലെന്നെ പറയണം അപ്പൊ സംബന്ധാർത്ഥത്തിൽ ഉള്ള വിഭക്തി അവിടെ പ്രയോഗിച്ചാലേ ശരിയാവും ഭിനയങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടത് അനുവാദകമാണ് ശ്രുതിയുടെ താല്പര്യം ദുഷ്ടാവും ദുഷ്ടീൻ തമ്മിലുള്ള സംബന്ധത്തെ പറയാനാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് മീമാംസ നിയമം അനുസരിച്ച് എന്താണ് അപ്രാപ്തേ ശാസ്ത്രം അർത്ഥവത് ശ്രുതി അജ്ഞാതാർത്ഥത്തെ ഞമിപ്പിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ശ്രുതി പറയേണ്ട കാര്യമുണ്ട് അപൂർവം പോലെയുള്ള അജ്ഞാതമായ അർത്ഥങ്ങളെയാണ് ശ്രുതി ബോധിപ്പിക്കുന്ന അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി മറ്റെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോ ജ്ഞാനത്തിന് നാശം ഇല്ല എന്നുള്ള കാര്യം ലോകപ്രസിദ്ധമല്ല മറിച്ച് ലോകപ്രസിദ്ധമായിരിക്കുന്ന എന്താണ് ഞാനും നശിച്ചു പോകുന്നു എല്ലാവരുടെയും അനുഭവമാണ് ഞാനുണ്ടാകുന്നു അപ്പോ ലോകപ്രസിദ്ധമായൊരർത്ഥത്തെ ശ്രുതി പറഞ്ഞിട്ട് കാര്യം ഇല്ല ജ്ഞാനത്തിന്റെ നിത്യതയെ അജ്ഞാതമായിരിക്കെ അതിനെ ഞാപിപ്പിക്കുകയാണ് ഈ ശ്രുതി ചെയ്യുന്നത് വൈദികന്മാരുടെ നിയമം അനുസരിച്ചും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ശ്രുതിയിലൂടെ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് ജ്ഞാനം നിത്യമാണല്ല ഞാനും ആത്മാവും തമ്മിൽ സംബന്ധമുണ്ടെന്നല്ല പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് മനസ്സിലാകണ്ടേ അതുകൊണ്ട് പറഞ്ഞ് നിന്റെ ആ ജ്ഞാനമുണ്ടല്ലോ അത് നശിക്കാത്തതാണെന്ന് അങ്ങനെ അദ്വൈതി തൻ്റെ പക്ഷം പെർഫെക്റ്റ് ആക്കി അതിനോട് പറയുന്നത് എന്ത് ശ്രുതേയെ ലോകപ്രസിദ്ധ സംബന്ധ അനുവാദീന ലോകപ്രസിദ്ധമായ സംബന്ധത്തെ അനുവാദം ചെയ്തിട്ട് ദൃഷ്ടേഹെ വിനാശിത്വ അഭാവമാത്ര പ്രതിപാദന വരുത്തുക ദൃഷ്ടിയുടെ നിത്യത്വം അതാണ് വിനാശിത്വ അഭാവം അത് ഇവിടെ പ്രതിപാദനം ചെയ്യുന്നുള്ളൂ സംബന്ധത്തെ പ്രതിപാദനം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അപ്രാപ്തി ഹി ശാസ്ത്രം അർത്ഥവത് എന്നുള്ള മീമാംസ ന്യായമനുസരിച്ചു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ശ്രുതി ഇവിടെ തീരുന്നു ഇനി മറ്റൊന്നുകൂടെയുണ്ട് അപ്പൊ ഇത് പറഞ്ഞതന്നെ ക്ലിയറാണ് ഇനി വേണ്ടി െന്ന് വെച്ചാൽ മറ്റ് പ്രമാണങ്ങളിലൂടെയും പരാപ്തമല്ലാത്ത കാര്യത്തെ ആണ് ശ്രുതി ബോധിപ്പിക്കുന്നത് അത് മാത്രമല്ല എന്നാലും തിറകയും പറയണം അങ്ങനെയല്ല ഇവിടെ അനുവാദാർത്ഥമല്ല എന്തിനത്വത്തെ കൽപ്പിക്കണം ആത്മാവിന്റെ ജ്ഞാനം സംബന്ധാർത്ഥത്തെ തന്നെ എടുക്കുക എന്താ കുഴപ്പം പറയുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ഭാഗത്തുള്ള ശ്രുതിയുമായിട്ട് വിരോധം വരും അദ്വൈതശ്രുതിയുമായിട്ട് വിരോധം വരും തത്വമസി വിജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമാനന്ദം ബ്രഹ്മ ബ്രഹ്മാസ്മി തുടങ്ങിയ ശ്രുതികളുമായിട്ടെല്ലാം വിരോധവും വരും അങ്ങനെ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സംബന്ധാർത്ഥം ഇവിടെ എടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ അനുവാദം ഒന്നെടുക്കാം അതിനപ്പുറൊന്നും മുഖ്യാർത്ഥം എടുക്കാൻ പറ്റത്തില്ല വിരോധം അങ്ങനെ മുഖ്യാർത്ഥി അദ്വൈത ശ്രുതി വിരോധ മുഖ്യാർത്ഥം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും അപ്പോ സ്വാമി ഇവിടെ ഈ അദ്വൈത സ്തുതികന്മാർക്ക് ദ്വൈതശ്രുതി അതായത് വിശിഷ്ടാദ്വൈതമോ ദ്വൈതമോ അങ്ങനെയുള്ള വേദാന്തങ്ങളോട് അനുഭവം ഉണ്ടോ വേദാന്തത്തിൽ തന്നെ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ആയിട്ട് താർക്കികന്മാർ യോജിപ്പിലാണോ ഇല്ല ഇല്ല അവരതൊന്നും യോജിക്കത്തിന്റെ പേര് അത് പ്രാചീന അവർക്ക് അക്കാലത്തെ ഒരു ഏറ്റുമുട്ടേണ്ടി വന്നില്ലല്ലോ അതുമായിട്ടൊന്നും ബന്ധമില്ല തത്വത്തിൽ അവർ ദ്വൈതകളാണെങ്കിലും ഒക്കെ പിൽക്കാലത്ത് വന്ന ദർശനങ്ങളല്ലേ രാമാനുജനും മാധ്യമൊക്കെ വളരെ പിൽക്കാലത്ത് വന്നു അതിനു മുമ്പേ തന്നെ അദ്വൈതികളുടെ വെണ്ണിക്കൂടി നാട്ടിയില്ലേ അല്ല താർക്കികന്മാര് താർക്കികന്മാരുടെ പിൽക്കാലത്ത് വന്നിട്ടുള്ളതിൽ എല്ലാവരും കാണും ദ്വൈതികളും ഇഷ്ട അദ്വൈതവും വന്നിട്ടല്ലേ അവരിതിനെയൊക്കെ കണ്ണിച്ചുകൊണ്ട് പുസ്തകം എഴുതിയു ർക്കിയനല്ല അവര് താർക്കിയന്മാരെന്ന് പറയത്തില്ല അവർക്ക് അവരവരുടെ സിദ്ധാന്തത്തെ പിന്തുടരുന്നു തർക്കത്തെ അവര് സഹായത്തിന് സ്വീകരിച്ചു ഇദ്ദേഹം തന്നെ തർക്കത്തെ ആശ്രയിക്കുന്നു താർക്കിയനാണ് അദ്വൈതിയാണ് ചിസ്സുകാച്ച അതുപോലെ അദ്വൈത ശ്രദ്ധക്ക് വിരോധം വരും അപ്പൊ ഇവിടെ രണ്ട് ശ്രുതി ഒന്ന് ദൃഷ്ടുഹു ദുഷ്ടേഹി അവിടെ എന്തായാലും സംബന്ധാർത്ഥമുണ്ട് സംബന്ധമുണ്ടല്ലോ അത് ഏത് ശ്രുതിയിൽ സംബന്ധം നിഷേധിക്കുന്നു അപ്പൊ പിന്നെ ഇതിനെങ്ങനെ അർത്ഥം പറയും സംബന്ധമാണല്ലോ അവൻ പറയുന്നു ഇതിനെ ഗോണാർത്ഥിക്കും എങ്ങനെ രാഹോഹോ അത് ഇത് എപ്പോഴും പറയുന്നു രാഹുഹോ ശിരാ എന്ന് പറഞ്ഞാൽ എന്താണ് രാഹു തന്നെയാണ് ശിരസ് എന്നാലും പറയുന്നു രാഹു ശിരാ അതിനാണ് ഗൗണമെന്ന് പറയുന്നു ബ്രഹ്മസൂത്രത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ സംബന്ധമാണെങ്കിൽ തന്നെയും അതിനെ ഗൌണ സംബന്ധമായിട്ട് എടുക്കണം മുഖ്യ സംബന്ധം അല്ല അപ്പോ അതങ്ങനെ എടുക്കണം അപ്പൊ അദ്വൈതശ്രുതിയും ഈ ശ്രുതിയും തമ്മിൽ വിരോധമൊന്നുമില്ല ഇത് ഗോണ ഇതിനടുത്തു രാഹുവിനെ തന്നെ രാഹു തന്നെ ശിരസായിരിക്കേ രാഹു ഹോശിരാന്ന് പറയാമെങ്കിൽ ആത്മാവ് തന്നെ ജ്ഞാനമായിരിക്കെ ആത്മാവിന്റെ ജ്ഞാനമെന്നും പറയാം അതുകൊണ്ട് മുഖ്യാർത്ഥിയെ അദ്വൈതശ്രുതി വിരോധാദ് രാഹോഹോശിരീതി ഉപചാരണാഭി സംബന്ധ ശ്രുതി വൃത്തി ഉപദേശിച്ചു അത് അതിനോട് ചേർത്തർത്ഥം പറയും മുഖ്യാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്വൈത ശ്രുതിയുമായിട്ട് വിരോധം വരുന്നത് കൊണ്ട് രാഹോശ്വര രാഹോശ്വര എന്നുള്ളത് പോലെ ഉപചാരേണാവി ഘോണാർത്ഥത്തിലും സമ്പന്ധശ്രുതേ വൃത്തി പ്രത്യേകിച്ചു വൃത്തി താല്പര്യം ഉപന്നമായിരിക്കുന്നു യുക്തമായിരിക്കുന്നു ശ്രുതിയുടെ താല്പര്യം അതാണ് പ്രത്യേകം വെച്ച അർത്ഥത്തിലാണ് ഇവിടെ താല്പര്യം ഇപ്പൊ ശ്രുത്യർത്ഥം അങ്ങനെ എടുക്കുക അപ്പോ ഗൌണ മുഖ്യോഹോ മുഖ്യ കാര്യസമ്പ്രയഹ വൈദികന്മാരുടെ ന്യായമാണ് ഗൌണവും മുഖ്യവും വന്നു കഴിഞ്ഞാൽ മുഖ്യത്തിലാണ് എന്ത് കാര്യവും അത് സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യം ഒന്ന് എന്താണ് ഒന്ന് ഗൌണം രാഹോശിഹ ദൃഷ്ടുഹു ദൃഷ്ടേഹേ അവിടെ ഗൗണം വന്നു മുഖ്യാർത്ഥം വരുന്നു എന്തെടുക്കും അദ്വൈതശ്രുതിയുടെ മുഖ്യാർത്ഥത്തെ എടുക്കും ഇതിനെ ഗൗണമായിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൗണമാണ് മുഖ്യാർത്ഥം അദ്വൈതശ്രുതി ഉള്ളതുകൊണ്ടില്ലെങ്കിൽ ശരി ഇതിനെ തന്നെ മുഖ്യമായി എടുക്കേണ്ടി വരും ഇതിനെ ഗൗണമായി നിലനിർത്തിക്കൊണ്ട് അപ്പൊ ഇവിടുത്തെ സംബന്ധം എന്ന് പറയുന്നത് ഗുണമാണ് എന്ന് അദ്വൈതശ്രുതിയെ കണ്ടിട്ട് ഇവിടെ അർത്ഥമെടുക്കണം അദ്വൈതശ്രുതി ഉണ്ടെങ്കിൽ ഇത് ഗുണമാകത്താനേഹോ തുല്യബലതയാ വിപര്യഹ അപ്പോ താർക്കികം ചോദിക്കുന്നത് രണ്ട് ശ്രുതിയല്ലേ അദ്വൈതശ്രുതി വിജ്ഞാനമാനന്ദം ബ്രഹ്മ എന്ന് പറയുന്നതും രണ്ട് ശ്രുതി അല്ലേ ഞങ്ങള് പറയുന്നു നേരെ തിരിച്ചെടുക്കുക അവിടെ പറഞ്ഞ അദ്വൈതം ഗൗണമായിട്ടും സംബന്ധ ശ്രുതി മുഖ്യമായിട്ടും എന്താ രണ്ട് ശ്രുതി അപ്പൊ ദ്വൈതികൾക്ക് യോജിക്കുകയും ചെയ്യും അദ്വൈതം ഗൗണവും ദ്വൈതം മുഖ്യവും അങ്ങനെയല്ല ദ്വൈതികളെല്ലാം പോകുന്നു ഏ ഉം വിവരികൾ എങ്ങനെ വയ്ക്കാനും എന്നുവെച്ചാൽ അനേയോ തുല്യബലതയാ രണ്ടും തമ്മിൽ ശ്രുതി എന്നുള്ളതിലേക്ക് തുല്യ ബലം ഉള്ളത് കൊണ്ട് വിപരീത വിപരീതാർത്ഥം വരാം വിപരീതം എന്ന് പറയുന്നത് മുഖ്യം ഗൗണവും ഗൗണം മുഖ്യവുമാകും തത്പര ശേഷ ഉപത്രുപ്രമ ഉപസംഹാരാദിഷ താത്പര്യേതശ്രുതിഥം അലോകജീവിനീം സമ്പശശ്രുതിാധേത പറയുന്നു ശ്രുതിയുടെ അർത്ഥത്തെ തീരുമാനിക്കുന്ന കാര്യമാണോ നിങ്ങൾ പറയുന്നത് സംബന്ധശ്രുതിയെ മുഖ്യമായി എടുക്കുക അദ്വൈതശ്രുതിയെ ഗുണമായി എടുക്കുക അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ശ്രുതിയുടെ താല്പര്യത്തെ തീരുമാനിക്കുന്നതിന് നിയമങ്ങളെല്ലാം സ്വീകരിക്കേണ്ടി വരുന്നത് എന്താണ് ഉപക്രമ ഉപസംഹാര അഭ്യാസ അപൂർവത ഫലം അർത്ഥവാദ ഉപിംഗം താത്പര്യ നിർണയേ എല്ലാം വരട്ടെ ഇത് മീമാംസകരുടെ നിയമം എന്തായാലും ശ്രുതിയുടെ താല്പര്യം നിർണ്ണയിക്കുമ്പോൾ മീമാംസയാർക്കും വിടാൻ പറ്റില്ല മീമാംസകളുടെ പ്രധാനമായ ആയുധമാണ് ഇതെന്താണ് ഉപക്രമ ഉപസംഹാരം അഭ്യാസം അപൂർവത ഫലം അർത്ഥവാദ ഉപത്തി ിംഗം താത്പര്യ നിർണയി നമുക്ക് ഇരിക്കുക ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന ചർച്ച ചെയ്യാം ഇത് ഓരോന്നായിട്ട് നോക്കണം ഏത് ഉപക്രമം ഉപസംഹാരം അഭ്യാസം അപൂർവത ഫലം അർത്ഥവാദം ഉപപത്തി എന്നിട്ട് തീരുമാനിക്കാം എങ്ങനെ അർത്ഥ കൊടുക്കണമെന്ന് അത് താഴെ കൊടുത്തിട്ടുണ്ട് വ്യാഖ്യാനത്തിൽ ആത്മാവാര അദ്വൈതേന ഉപക്രമസംഹാരം ആത്മാവാരന്ന് പറയുന്നത് അവിടെ വരുന്നതാണ് മൈത്രി സംവാദത്തിലാണ് അതെവിടെയൊക്കെ വരുന്നു നാലിനും രണ്ടിലും നാലിനും അവസാനവും ആവർത്തിച്ചു വരുന്ന കാര്യമാണ് അവിടെ തുടങ്ങുന്നതാണെന്തോ ആത്മാവ അരേ ഉപക്രമം എത്രത്വ അസ്യ ഉപസംഹാരം ഉപസംഹാരം പിന്നെ ഇതം സർവം സലല ഏക ഇതെങ്ങനെ ഇതിനകത്ത് കടന്നു വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതം സർവം സലുലയക കാരണം ഇതിനിടയ്ക്ക് വരുന്നതല്ല നമ്മുടെ നമ്മള് പഠിച്ച ഉപനിഷത്തിനനുസരിച്ച് ഈ ഒരു ഇതം സലുലം സർവ്വയേക എന്ന് പറയുന്നത് ഇവിടെ വരുന്നതല്ല അഭ്യാസം എന്ന് വെച്ചാൽ ആവർത്തിക്കുള്ളതാണ് അല്ലാതെ ഈ പ്രകടനത്തിൽ വരണ്ടേ ഉപക്രമവും ഉപസംഹാരവും വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വരണം ബാക്കിയുള്ള കാര്യങ്ങളല്ല ഇടയ്ക്ക് ആവർത്തിക്കുന്നതിനാണ് അഭ്യാസം എന്ന് പറയും ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വരുന്നില്ല ഇതും സർവം സല്ല ഏക എന്നുള്ള അഭ്യാസം വരുന്നില്ല ഇന്നത്തെ ഉപനിഷത്തിൽ ഇതില്ല എന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ എന്റെ ഓർമ്മ വെച്ച് പറയുന്നതാണ് ഇത് വരുന്നത് എവിടെയാണ് ജനകയാജ്ഞകളൊക്കെ സംവാദത്തിലാണ് ഇത് വരുന്നത് പരിശോധിച്ചു പോകണം ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ പറയുകയാണ് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ആവർത്തിക്കുക എന്ന് പറയുന്നത് സൈന്ദവ ഘന വിജ്ഞാന ഘനശബ്ദങ്ങളാണ് ആവർത്തിക്കുന്നത് ഘനശബ്ദം ആവർത്തിക്കുന്നു അതാണ് ഇവിടെ വരേണ്ടത് എന്നുവെച്ചാൽ ഒരേ അദ്വൈതത്വം തന്നെ ആവർത്തിക്കുന്നു അദ്വൈതത്വത്തെ ഇതെങ്ങനെ വന്നു ഒരുപക്ഷെ ഇനി ഇദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ഉപനിഷത്തില് ഇതിൻ്റെ ഇങ്ങനെ ഒരു സാധനവും കാര്യം വന്നിരിക്കാം അതുമാത്രമല്ല ഈ പറയുന്ന ദ്രഷ്ട ദൃഷ്ട്യോഹോ സംബന്ധം എന്ന് പറഞ്ഞ ആശ്രുതി ദ്രഷ്ടുഹു ദുഷ്ടേ വിവരലോകോ നവിദ്യ അതും ഇവിടെ വരുന്നതല്ല അതിനെക്കുറിച്ച് ചർച്ചയിൽ നടത്തി ഇതങ്ങനെ കൊണ്ടുവന്നു എന്നൊരു പ്രശ്നവും വരും അത് ജനകയാജ്ഞ മുഖ്യ സംവാദത്തിലാണ് അവിടെ ഉപക്രമം ഉപസംഹാരം അഭ്യാസം അപൂർവം അല്ല അവിടെ ധാരാളം എടുക്കാറുണ്ട് അവിടെയുള്ള ശ്രുതിക്കനുസരിച്ച് ഉപ ഉപക്രമ ഉപസംഹാരം എടുക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ അനുസരിച്ചെടുക്കണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കിടക്കുന്നു ഇതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് പിടികിട്ടുന്ന ഒരു കാര്യമുണ്ട് ആധികാരികമായി പറയാൻ കഴിവില്ല എങ്ങനെ വന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കുക വല്ലതും വന്നിട്ടുണ്ടോ എന്റെ അറിവിലില്ല ഇതെല്ലാ ഭാഗങ്ങളിലൂടെ പരിശോധിച്ച് നോക്കണം പരിശോധിച്ച് പറഞ്ഞാൽ കൊള്ളാം നോക്കി സമയമുള്ളവർ നമ്മുടെ പ്രശ്നമൊന്നും പരിഹരിക്കണം അപ്പൊ ഈ അഭ്യാസം ഇവിടെ യോജിക്കത്തില്ല നിഷദൃ വിദ്യാവിന് അതും യോജിക്കുന്നില്ല അതിന്റെ പ്രകടനം വരെ ഇതിന്റെ പ്രകടനം വരെ ഒന്ന് ജനകമൈത്രിയി സംവാദം മറ്റൊന്ന് ജനകയാജ്ഞം രണ്ട് ഭാഗത്ത് ജനകയാജ്ഞ സംവാദം കഴിഞ്ഞിട്ടാണ് അവസാനം മൈത്രിയി സംവാദം വരുന്നത് അന്ന് വരുന്നു ആദ്യവും വരുന്നു പക്ഷെ ഉപസംഹാരം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു ആത്മാവ അരേ വേണമെങ്കിൽ രണ്ടാം അധ്യായത്തിലെ ഒരു സമാധാനം ആകെ നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ അധ്യായത്തിലെ ആത്മാവെ എടുത്തിട്ട് നാലാം അധ്യായത്തിലെ അവസാനത്തെ അങ്ങനെ എടുത്തു എന്നിട്ട് പിന്നെ അതിന്റെ ഇടയിലാണ് ദൃഷ്ടദൃഷ്ടിയോ സംബന്ധ അങ്ങനെ എടുത്തു അതിന്റെ ഇടയിലാണ് വരുന്നത് എന്ത് ഇതും സർവം സലിലയൊക്കെ വരുന്നത് അങ്ങനെ പക്ഷെ അത് ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നൊരു സമാധാനം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അറിയത്തില്ല രണ്ട് ഭാഗത്തിൽ ണി യോജിപ്പിക്കാം ഏതാവതരേ ഫലശ്രവണ അവസാനം വരുന്നതാണ് ഏതാവതരേ നമ്മൾ നമ്മുടെ തത്വത്തെക്കുറിച്ച് പറയും അസ്യമഹത ഏതേഭ്യ അർത്ഥവാദം അതും അവസാന ഭാഗത്ത് വരുന്നതാണ് ദുന്ദുഭ്യാതി ദൃഷ്ടാന്തം രണ്ടിടത്തും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ബരോധാരണത്തിലെ രണ്ടാം അധ്യായവും നാലാം അധ്യായവും അവസാനം വരെ ഉള്ളത് കൊണ്ടാണ് എടുക്കുകയാണെങ്കിൽ ഒരുവിധം ഒപ്പിക്കാം കുഴപ്പം രണ്ട് പ്രകടനമായിട്ടാണ് എടുക്കുകയാണെങ്കിൽ ഇതം സെല്ലുന്നത് വരത്തില്ല ഒരുപക്ഷെ അതായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ ശരിയാവും അപ്പൊ ഒരു വലിയ പ്രകടനം മുഴുവനും അദ്വൈതത്തെക്കുറിച്ച് പറയുന്നു എന്നടക്കണം